ശ്രീ <laughs> വാഹന <laughs> <laughs> ദ്രർേഭമേ ഭദ്രം പശ്യേമ അക്ഷിജത്രൈതുുവാം സൂപേമ ദു भारत ജ്യശ് സത്യകൗരയാണി ചർ കൗസല്യശ്വല ഭാർഗവൈദർഭ്യബന്ധീകേ ബ്രഹ്മനിഷ ന്വേഷം വക്ഷ്യതീതികേശാരജ ഭരദ്വാജന്റെ പുത്രൻ ഭരദ്ജൻ സുകേശൻ ഇതൊരു ഋഷിയുടെ പേരാണ് സത്യകാമഹ ശിബി എന്ന ഋഷിയുടെ പുത്രനാണ് സത്യകാമൻ അത് രണ്ടാമത്തെ ആള് സൗര്യായണീച്ച ഗർഗ സൂര്യൻ എന്ന ഋഷിയുടെ മകനാണ് സൗര്യായണി ഗർഗ ഗോത്രത്തിൽ ജനിച്ചയാളാണ് അതുകൊണ്ട് ഗാർഗ്യൻ എന്നും പേരുണ്ട് കൗസല്യ അശ്വലായനു അശ്വലൻ എന്ന ഋഷിയുടെ പുത്രനാണ് കൗസല്യൻ ആ വംശത്തിൽ പറഞ്ഞവനാണ് അശ്വലായൻ പേരുണ്ട് ഭാർഗവോ വൈദർഭി ഭൃഗുവിന്റെ ഗോത്രത്തിൽ പറഞ്ഞവനാണ് ഭാർഗവൻ വൈദർഭിന്നും പേരുണ്ട് കാരണം വിദർഭ ദേശത്തിൽ ജനിച്ചവനാണ് അതുകൊണ്ട് വൈദർഭിന്ന് പേരുണ്ട് പിന്നെ കബന്തി കത്യായനഹ വംശത്തിൽ പറഞ്ഞവനാണ് കത്യായന് ും പേരുണ്ട് ഒരു ഇത്രയും പേര് ഒരാറ് പേര് വിപലാദനെ സമീപിക്കുന്നു ബ്രഹ്മപരാഹാ ബ്രഹ്മനിഷ്ഠാഹ പരം ബ്രഹ്മഅന്വേഷമാണ് അവരെ വിശേഷിപ്പിക്കുകയാണ് അവര് ബ്രഹ്മപരന്മാരാണ് ബ്രഹ്മനിഷ്ഠന്മാരാണ് ബ്രഹ്മത്തെ അന്വേഷിക്കുന്നവരാണോ അവരെല്ലാവരും സ്രവം ഭക്ഷ്യരീതി ഇദ്ദേഹം എല്ലാം പറഞ്ഞു തരും നമുക്കറിയേണ്ടതെല്ലാം ഇദ്ദേഹം പറഞ്ഞു കരുതും എന്ന് കരുതി അദ്ദേഹ സമിത് പാണേഹ സമിത് പാണികളായി ചമതയും കയ്യിലെടുത്തുകൊണ്ട് ഭഗവന്തം പിപ്പലാദും ഉപസന്നാഹ ഭഗവാൻ പിപ്പലാദനെ അദ്ദേഹം ഗുരുവാണ് അങ്ങനെ ഒരു ഗുരുവിനെ സമീപിച്ചു ആശ്രയിച്ചു ഉപസത്തി ഗുരു ഉപസത്തി എന്ന് അപ്പൊ ഇവിടെ ചർച്ച ചെയ്യുന്ന ഉപനിഷത്ത് ഈ ആറു പേരുടെ ആറ് ചോദ്യങ്ങളെ കുറിച്ചാണ് ഉപനിഷത്തിൽ അവസാനം പേര് പറയുന്ന കത്യായനൻ ആദ്യം ചോദിക്കും തിരിച്ച് ഉള്ള ക്രമത്തില് പറയുന്ന പേര് പിന്നെ നേരെ വിപരീതമായ രീതിയിലാണ് ചോദ്യം പിന്നെ ആറ് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആറ് ഖണ്ഡം ആറ് ചോദ്യങ്ങൾ ആ ആറ് ചോദ്യങ്ങൾക്ക് മറുപടി അതാണ് ഈ ഉപനിഷത്ത് ഇത് വരുന്നത് അധർവവേദത്തിലെ മുണ്ടകശാഖയിൽ അതില് മുണ്ടകാഖയിലെ മന്ത്രഭാഗം അതാണ് മുണ്ടകോപനിഷത്ത് നമ്മൾ ചർച്ച ചെയ്ത് ബ്രാഹ്മണഭാഗം എന്ന് പറയുന്നത് പശ്ചിമോപനിഷത്ത് രണ്ടും ആ മുണ്ടകശാഖയാണ് സാധാരണ പറഞ്ഞുവരുന്ന ക്രമം ഈശം കേനം പഠം പ്രശ്നം ഉണ്ടാകും ഈശം കേനം പഠം കഴിഞ്ഞ് പ്രശ്നം കഴിഞ്ഞ് ഉണ്ടാകും അതാ ഇത് ചർച്ച ചെയ്യുമ്പോ മുണ്ടകം കഴിഞ്ഞ് പ്രശ്നം അങ്ങനെയാണ് ആദ്യം മുണ്ടകം ചർച്ച ചെയ്തിട്ട് പിന്നെ പ്രശ്നം ചർച്ച ചെയ്യും നമ്മൾ മുണ്ടകം കഴിഞ്ഞിട്ടാണ് പ്രശ്നം ചർച്ച ചെയ്യുന്നത് പക്ഷെ അത് അവസാനമായി പോയെന്നേ ഉള്ളൂ മുണ്ടകം കഴിഞ്ഞ് ഉടനെ ചർച്ച ചെയ്ത് അത് പലരും ചോദിക്കാതെന്താ അതെന്താ മുണ്ടകം കഴിഞ്ഞ് ഉടനെ അത് ചർച്ച ചെയ്യാതെ അതാണല്ലോ എന്റെ സമ്പ്രദായം അപ്പൊ അത് വിട്ടിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം എന്തുകൊണ്ടാണ് ചർച്ച ചെയ്തത് അപ്പൊ അതിന്പ്പെടെ സമാനം പറയുന്നത് ആധർവണി ബ്രഹ്മ ദേവാനം ഇത്യാദി മന്ത്രിയരേവ ആത്മ തത്വസ് നിർണീതത്വ ആത്മതത്വത്തെ നിർണയം ചെയ്യുന്നത് അത് മുണ്ടകത്തിൽ തന്നെയാണ് തത്രയോ ബ്രാഹ്മണീന തത് അഭിദാനം പുനരുദ്ധം എന്നിട്ട് അതേ ശാഖിയിൽ തന്നെ വീണ്ടും അതേ വിഷയം ചർച്ച ചെയ്യുന്നു മുടിയും ആത്മതത്വത്തെ നിർണ്ണയിക്കുന്നത് മുണ്ടകത്തിൽ ഏതൊരു ആത്മതത്വത്തെയാണോ നിർണയിച്ചത് അതിനെതിന് വീണ്ടും ബ്രാഹ്മണ ഭാഗത്തിൽ വരുമ്പോൾ അതിന് പുനരുത്തി ദോഷിക്കും അങ്ങനൊരു ഒരു കാര്യം പറഞ്ഞ കാര്യം വീണ്ടും പറയുക ആത്മവിചാരത്തിൽ പുനരുത്തി ഇല്ലെന്ന് പറയും അത് ചർച്ച ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് ആത്മവിചാരത്തിൽ പുനരുത്തി വരുന്നില്ല സാധാരണ ഒരു കാര്യം പറഞ്ഞത് വീണ്ടും പറയുന്നതാണ് അപ്പം നമ്മളൊരു പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പുതുതായിട്ടൊന്നും പറയാനുമില്ല കേൾക്കാനുമില്ല ഇതാണ് പുനരുത്തി പക്ഷെ ആത്മവിചാരത്തെ സംബന്ധിച്ച് ശ്രദ്ധാലുക്കൾക്ക് പുനരുത്തി എന്ന് പറയുന്നൊരു ദോഷമില്ല അത് നമ്മൾ മുമ്പ് ഗീതയിലാണ് ഭാഷ്യകാലം തന്നെ അത് പറഞ്ഞിട്ടുണ്ട് പുനരുതിരദോഷ ഇവിടെ പുനരുക്തി എന്ന് പറയുന്ന ദോഷമേ ഇല്ല ഞാനിവിടെ വീണ്ടും പറയുമ്പോൾ അത് വ്യക്തമാകുന്നു മാത്രമല്ല ഇവിടെ പുനരുക്തി ആവശ്യവുമതിനു വേണ്ടി സംശയവിപര്യങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടി അത് വീണ്ടും ആവർത്തിക്കുന്നു എല്ലാവർക്കും ഒരു തവണ കേൾക്കുമ്പം തന്നെ എല്ലാം ആഗ്രഹിക്കാൻ പറ്റത്തില്ല ഒന്നുമ്പ് കേട്ടതിന് വ്യക്തമാകുന്നതിന് വേണ്ടി വീണ്ടും പറയുന്നോണ്ട് ഇവിടെ പുനരുത്തി ദോഷം പക്ഷെ രണ്ടാമത് പറയുമ്പോ എന്തെയും വിസ്തരേണ പ്രാണോപാസനാദി സാധന സാഹിത്യേനുതാന ആ മുണ്ടകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ ഒന്നുകൂടി വിസ്തരിച്ച് പറയാണ് അങ്ങനെ പ്രാണോപാസന തുടങ്ങിയ കൂടുതൽ വിഷയങ്ങൾ ചേർത്ത് ഉപാസനകളും മറ്റും ചേർത്ത് രക്തം അതുകൊണ്ട് ഇത് വനൻ ബ്രാഹ്മണം അവതാരയതി ഭാഷികൂടെ പറയുന്നു മന്ത്രോക്തർത്ഥിതര അനുവാദി ഇതം ബ്രാഹ്മണം ആരഭ്യത മന്ത്രത്തിൽ പറഞ്ഞു മന്ത്രം എന്ന് പറഞ്ഞാൽ മുണ്ടാവും മുണ്ടത്തിൽ പറഞ്ഞ അതേ വിഷയത്തിന്റെ വിസ്തരിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് അപ്പോ പ്രശ്നോപനിഷത്ത് നമ്മൾ ധരിക്കുന്ന പോലെ വ്യർത്ഥമായൊരു കാര്യമൊന്നുമില്ല അതുകൊണ്ട് വിട്ടതല്ല പൊതുവെയോ ഇല്ലാത്തൊരു സാധനവും അങ്ങനെ ഇത് വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട് ഇതം ബ്രാഹ്മണം അതിനു ഈ ഭാഗം അത് വിസ്തരിച്ച് പറയുന്നതിന് പക്ഷേ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് വിസ്തരിച്ച് പറയുന്ന എന്തിനാ വിട്ടത് ചോദിച്ചു അത് കാരണം എന്തായാലും മുണ്ടകത്തിലെ കാര്യങ്ങൾ പ്രശ്നത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ മുണ്ടകത്തിൽ തന്നെ അങ്ങ് വിസ്തരിച്ചു അതുകൊണ്ടാണ് ഇവിടെ പറയാനുള്ളത് അവിടെ വിസ്തരിച്ചു അതുകൊണ്ട് തുടർന്ന് ഇത് വിസ്തരിച്ചു കാര്യങ്ങൾ തന്നെ അവിടെ വിസ്തരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുതിയ കാര്യങ്ങളല്ലേ മനസ്സിലാക്കേണ്ട അതുകൊണ്ട് നമ്മൾ പിന്നെ ബാക്കി ഉപനിഷത്തുകളിലേക്ക് പോയത് അതുകൊണ്ടാണ് എന്നാ പിന്നെ വീണ്ടും എന്തിനാ ഇത് വിസ്തരിച്ചത് വീണ്ടും തുടങ്ങുന്ന എന്തിനാ അതിനാണ് നേരത്തെ പറഞ്ഞ എന്താണ് അദ്വൈതത്തിൽ പുനരുത്തി ഒരു ദോഷമുണ്ട് അദ്വൈത വിചാരത്തിൽ അത് അത് പ്രത്യേകിച്ച് ശ്രദ്ധാലുക്കൾക്ക് ശ്രദ്ധയുള്ളവർ അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പറയും ഓ അത് പറഞ്ഞു തന്നെ വീണ്ടും പറയുന്നു പുതുതായിട്ടൊന്നുമില്ല ശ്രദ്ധയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ ദോഷമില്ല അത് വ്യക്തമാകുന്നു ശ്രദ്ധയില്ലാത്തവരെ സംബന്ധിച്ച് കേൾക്കുന്നോണ്ട് ദോഷമില്ല കാരണം അവരെപ്പോഴും കേൾക്കുന്നത് പുതിയതായിരിക്കും അപ്പൊ അവര് പറയാ ഇന്നൊരു പുതിയ കാര്യം പറഞ്ഞു പക്ഷെ അത് കാര്യമായി പ്രയോജനം ചെയ്യത്തില്ല ശ്രദ്ധയുള്ളവരെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ശ്രദ്ധ നമ്മൾ പലതരത്തിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ശ്രദ്ധ എന്ന് പറയുന്നതിന്റെ ഏറ്റവും അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇഷ്ടം തന്നെയാണ് ഇഷ്ടം നമുക്ക് ഇഷ്ടമാണ് നമ്മൾ വാസ്തുവത്തിൽ ശ്രദ്ധയെന്ന് പറയുന്നത് ഒരു തരത്തിൽ അതിൻ്റെ ഒരു പൂർണ്ണമായ വിശദീകരണം അല്ല എങ്കിലും നമ്മൾ എന്തുകൊണ്ടത് ഇഷ്ടമുള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളതിലേ നമ്മുടെ ശ്രദ്ധ വരുമോ അദ്വൈതം ചർച്ച ചെയ്തു ഇതെല്ലാവർക്കും ഇതിൽ ശ്രദ്ധ വരുത്തില്ല എന്നു പറഞ്ഞാൽ എല്ലാവർക്കും ഇതിന് ഇതിഷ്ടമല്ല അടിസ്ഥാനപരമായിട്ട് ഇഷ്ടം ഉണ്ടെങ്കിൽ അതിൽ ശ്രദ്ധ വരും ശ്രദ്ധിക്കും അത് കേൾക്കുന്നവർക്കും പറയുന്നവർക്കും അങ്ങനെയുണ്ട് എന്തുകൊണ്ട് പറയുന്നു പറയാൻ ഇഷ്ടമുള്ളതും എനിക്ക് പറയാൻ കഴിയത്തില്ല പിന്നെ അതിന്റെ ഉപരി ഭാഗങ്ങളിലേക്കാണ് ഏകാഗ്രത ത്വം കാര്യങ്ങളെല്ലാം വരുന്നത് സത്യബുദ്ധി എന്നെല്ലാം പറയല്ലോ അതെല്ലാം പിന്നീട് വരുന്നതാണ് പക്ഷെ അടിസ്ഥാനപരമായിട്ട് ശ്രദ്ധ എന്ന് പറയുന്ന ഇഷ്ടം തന്നെയാണ് അത് അദ്വൈതത്തെ സംബന്ധിച്ചിട്ട് ഏതിനെ സംബന്ധിച്ച കാര്യം ഒരാൾക്ക് യോഗത്തിൽ ശ്രദ്ധയുണ്ട് എന്ന് പറയുന്നത് എന്താണ് അയാൾക്കത് ഇഷ്ടമുണ്ട് അതുകൊണ്ട് അയാൾ അത് ശ്രദ്ധിക്കുന്നു ഇഷ്ടം ഇല്ലെങ്കിൽ ശ്രദ്ധിക്കില്ല മറ്റൊരാൾക്ക് ഭക്തിയിലാണ് ശ്രദ്ധ അതിഷ്ടമാണ് അതിന്റെ ഉപായങ്ങൾ അനുഷ്ഠിക്കുന്നതിനും ഇഷ്ടമാണതുകൊണ്ട് അപ്പൊ ഇഷ്ടം രൂപത്തിലുള്ള അശ്രദ്ധ ആ ശ്രദ്ധ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വേദാന്ത വിചാരം സ്വയമോ അല്ലെങ്കിൽ പരസഹായത്തോടുകൂടിയോ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹായകരമാണ് അവരുടെ ബോധത്തിന്റെ വിശുദ്ധി സംശയാദി ദോഷങ്ങളുടെ വിശുദ്ധി അത് സംഭവിച്ചുകൊണ്ടിരിക്കുക അത് ഒന്നുതന്നെ കേൾക്കണമെന്നില്ല അങ്ങനെ ഇല്ല ഒരു ഗ്രന്ഥം തന്നെ വേണമെന്നില്ല പല ഗ്രന്ഥങ്ങളാകാം ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ അത് കേട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇല്ല പല വ്യക്തികളിൽ നിന്നാകാം പല സ്ഥലങ്ങളിൽ നിന്നാകാം പല ഒരു പ്രക്രിയ തന്നെ വേണമെന്നില്ല പല പ്രക്രിയകളാകാം പക്ഷെ എല്ലാം എന്താണ് സംശയാദി ദോഷങ്ങളെ നിവർത്തിപ്പിക്കുന്നതിനു അത് വർദ്ധിപ്പിക്കരുത് അങ്ങനെ വന്നാൽ അത് വിസക തത്വത്തിൽ നിഷ്ഠം ഇവിടെ പറയുന്നുണ്ടല്ലോ ബ്രഹ്മന്വേഷണ ബ്രഹ്മപരാഹ ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്ന ആ തത്വനിഷ്ഠയ്ക്ക് അതുപോലെ അപ്പൊ അത് ഇവിടെ നിന്നും ആരിൽ നിന്നും ഏത് ഗ്രന്ഥത്തെ ആശ്രയിച്ച് സ്വമേധ ഏത് രീതിയിലായിരിക്കും അത് തുറന്നുകൊണ്ടേയിരിക്കണം ആത്യന്തികമായ കൃതകൃത്യത ഒരാൾക്ക് അനുഭവപ്പെടുന്നത് വരെ ഏതുവരെയെന്ന് ചോദിച്ചാൽ അതാണ് ഉത്തരം അത് തുറന്നുകൊണ്ടേയിരിക്കും അതാണ് ബോധവിശുദ്ധി എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ വിസ്തരിച്ച് ചർച്ച ചെയ്തതിൽ വന്നതാണ് ഈ കാര്യങ്ങൾ എന്നാലും ആ ബോധവിശുദ്ധിക്ക് വേണ്ടി നമ്മൾ വീണ്ടും അത് ചർച്ച ചെയ്യുന്നു ഇതിൽ മറ്റു ഉപാസന കാര്യങ്ങളും വരുന്നുണ്ട് അതിനെ കുറിച്ച് തന്നെ ഇവിടെ ഭാഷകാരം പറയുന്നുണ്ട് എന്തിനാ അതെന്നെ ഇവിടെ ചെയ്യുന്നു പറഞ്ഞ എന്റെ വിസ്തരം പറഞ്ഞു എന്താണോ അതിന്റെ വിസ്തരാണ് ഇവിടെ പറയുന്നു മന്ത്ര ഹി ദ്വൈവിദ്യ വേദി അപരാചിത്യുക്വാത്രേദാദ്യ മുമ്പ് പറഞ്ഞു വിദ്യ രണ്ടു തരത്തിലാണെന്ന് പരാവിദ്യ മറ്റൊന്ന് അപരാവിദ്യ അതിലുഗ്വേദാദികൾ അപരാവിദ്യയാണ് ശബ്ദരാശി ശബ്ദശാസ്ത്രം അഗ്നിമീളേ എന്ന് നമ്മൾ അധ്യയനം ചെയ്യുന്ന ശബ്ദരാശി അവിടെ വിശദീകരിച്ചു ശബ്ദരാശി എന്ന് വെച്ചാൽ ശബ്ദസമൂഹം ശബ്ദസമൂഹം എന്ന് പറഞ്ഞാൽ ഏതാണോ നമ്മൾ ശ്രവണം ചെയ്യുന്നത് ഇന്നത്തെ പോലെ നമ്മൾ പ്രസവം എടുത്തിട്ട് വായിക്കുകയല്ലോ പണ്ട് ഗുരു ചൊല്ലിക്കൊടുക്കുന്നു ശിഷ്യൻ കേക്കുന്നു പണ്ടാണ് ശബ്ദരാശി എന്ന് പറയുന്നത് ശിഷ്യന് നോക്കിപ്പൊ കാണാം ഇതല്ല കണ്ടിട്ട് വായിക്കാം ഉള്ളിൽ ഗ്രഹിക്കാം പണ്ടതൊന്നുമില്ല ചൊല്ലിക്കൊടുക്കുക ഒറ്റ വഴിയേ ഉള്ളൂ എഴുതി വെക്കുന്നില്ല അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത് ശബ്ദശ്രവണം ശ്രവണം എന്ന് പറയുന്നത് ശബ്ദത്തിന്റെ ശ്രവണം ആ ശ്രവിക്കുന്ന ശബ്ദത്തെയാണ് അപരാവിദ്യ എന്ന് പറയുന്നത് അതിന്റെ പരമമായ താത്പര്യത്തെ ഗ്രഹിക്കുമ്പോൾ അത് പരാവിദ്യയായി അത് രണ്ടും തമ്മിൽ ആന എന്ന് പറയുമ്പോൾ ശബ്ദജ്ഞാനം ഉണ്ടാകുന്നു തുടർന്നുള്ളിലുണ്ടാകുന്നു പദാർത്ഥ ജ്ഞാനം വസ്തുജ്ഞാനം അത് ഗ്രഹണം അർത്ഥഗ്രഹണം താല്പര്യഗ്രഹണം എന്ന് പറയും രണ്ട് രണ്ടാണ് അവരെവിടെയുണ്ട് പരെയും അവരെയും ശബ്ദം ശ്രവിക്കുമ്പോ നമ്മൾ ഗ്രഹിക്കുന്നത് അപരവിദ്യ കാരണം അതും അറിവാണ് വിദ്യ എന്ന് പറഞ്ഞാൽ അറിവ് അതും വിദ്യയാണ് ശബ്ദത്തിന്റെ ശ്രവണം എന്ന് പറയുമ്പോൾ ഉള്ളിൽ അറിവുണ്ടാകുകയാണ് ശബ്ദത്തെ കുറിച്ചുള്ള അത് വിദ്യയാണ് അത് അറിവാണ് അതുകൊണ്ടാണ് വിദ്യ എന്ന് പറയുന്നത് അപരാവിദ്യ എന്ന് പറയുന്നത് അത് മാത്രമല്ല അതിന്റെ താത്പര്യം തന്നെ മാറി മാറി വരുന്നു പല സന്ദർഭങ്ങളിൽ പലതാണ് ഒരു ഭാഗത്ത് വരുമ്പോൾ അത് കർമ്മം വേറൊരു ഭാഗത്ത് വരുമ്പോൾ ഉപാസനം വേറൊരു ഭാഗത്ത് വരുമ്പോൾ തത്വജ്ഞാനം തത്വജ്ഞാനം തന്നെ പലതരത്തിൽ പരമമായ താല്പര്യം ഗ്രഹിക്കുന്നത് വരെ വരുന്നതെല്ലാം കർമ്മ ഉപാസനങ്ങളെല്ലാം അപരാവിദ്യയിൽപ്പെടും യുഗ്വേദം യജുർവേദം സാമം അധർവം എന്നെല്ലാം പറയുമ്പോൾ എന്തിന് അങ്ങനെ പറയുമ്പോൾ അതിൽ യുവനിഷത്തുകളെല്ലാം പെട്ട് കഴിഞ്ഞു ഈ ശബ്ദരാശി മുഴുവൻ പെട്ട് കഴിഞ്ഞു അപ്പോൾ ശ്രവണരൂപത്തിലുള്ള ആ ശബ്ദരാശി മുഴുവൻ അപരാവിദ്യയാണ് അത് മുമ്പ് ചർച്ച ചെയ്തതാണ് അതിന്റെ പരമമായ താല്പര്യം ഒഴിക്കുക പറഞ്ഞാലും പോരാ ഈ ശബ്ദത്തിന്റെ താല്പര്യം തന്നെയാണ് കർമ്മം പക്ഷെ അത് പരാവിദ്യയല്ല അതിന്റെ താല്പര്യം തന്നെയാണ് ഉപാസനകളൂടെ പറയുന്ന പ്രാണ ഉപാസന കൂടെ ഇപ്പൊ അതിനെക്കുറിച്ച് അതൊന്നും പരമതാല്പര്യമാണ് അതുകൊണ്ട് അതെല്ലാം പറയുന്നു അതാണ് അടുത്ത് പറയുന്നത് സഹജ വിദ്യ കർമ്മരൂപ ഉപാസനാരൂപ അപ്പൊ വിദ്യ എന്ന് പറയുന്ന ഒരു പൊതു പേരാണ് വിദ്യ അറിവ് ജ്ഞാനം എന്നൊക്കെ പറയുന്നു അത് കർമ്മത്തിനും പറയാം ഉപാസനയ്ക്കും പറയാം കർമ്മത്തെ കുറിച്ചുള്ള അറിവ് അത് കർമ്മവിദ്യ ഉപാസനകളെ കുറിച്ചുള്ള ഒരു ഉപാസന വിദ്യ എല്ലാം അപരവിദ്യഭ്യാം വിപ്രിയതേ അതില് ദ്വിതീയ തൃതീയ പ്രശ്നങ്ങളിലൂടെ ഇവിടെ വരുന്ന ആറ് പ്രശ്നങ്ങളാണിടം എന്നുവെച്ചാറ് ചോദ്യങ്ങൾ ആറ് സമാധാനം ഇത് വിശദീകരിക്കുകയാണ് കർമ്മ ഉപാസനകളെല്ലാം വിശദീകരിക്കുകയാണ് അപരാവിദ്യ ഇവിടെ അങ്ങനെ വിശദീകരിക്കുന്നു ആദ്യ കർമ്മകാണ്ഡയെ അഭിവൃദ്ധി ചെയ്തു അഭിവൃദ്ധി ചെയ്തു കർമ്മത്തെക്കുറിച്ചുള്ള ഭാഗങ്ങൾ അതായത് കർമ്മ ഉപാസന രണ്ടു തരം ഉണ്ടല്ലോ അതിൽ ഉപാസന എന്ന് പറയുന്നതാണ് ദ്വിതീയം അതിനിടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രശ്നങ്ങളിൽ ഉപാസനയെ വിശദീകരിക്കുന്നു ആദ്യത്തത് കർമ്മം അത് കർമ്മകാണ്ഡത്തിൽ വിശദീകരിച്ചുകൊണ്ട് ഇവിടെ അത് വിശദീകരിക്കുന്നുണ്ട് കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം അഗ്രഹോത്രം എങ്ങനെ ചെയ്യണം ജ്യോതിഷം എങ്ങനെ ചെയ്യണം അശ്വമേധം എങ്ങനെ ചെയ്യണം ദർശപൂർണ മാസയാഗങ്ങൾ എങ്ങനെ ചെയ്യണം അങ്ങനെ നാനാ തരത്തിലുള്ള കർമ്മങ്ങൾ വിശദീകരിച്ച് ഗുണ ഉപാസ വിശീകരിക്കുന്നു അപ്പൊ പൊതുവെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ് എന്തിനായി ഉപാസന ഇവിടെയൊക്കെ ഉപാസനകളോ ചർച്ച ചെയ്യുന്നു എന്തിനാ അതിന്റെ ആവശ്യം തോന്നുന്നു ഉപാസനയെ കുറിച്ച് നമ്മൾ എന്തിനാ ചർച്ച ചെയ്യുന്നത് നമ്മൾ തത്വം ചിന്തിക്കുന്നവരാണ് ഉപാസന നമുക്ക് ആവശ്യമില്ല നമ്മളും ഉപാസന ഭാഗങ്ങളെല്ലാം പല ഭാവവും നമ്മൾ വിട്ട് കളഞ്ഞിട്ടുണ്ട് നമ്മൾ വിട്ടുകളഞ്ഞത് അത് പ്രയോജനമില്ലാത്തതുകൊണ്ടല്ലോ വിട്ടുകളഞ്ഞത് ഒന്നും പ്രയോജനമില്ലാത്തതല്ല കാരണം അതിന് വിശദീകരണം ആവശ്യമുണ്ട് വാചം ധേനുപാസിക്ക വാക്കിനെ ധേനുവായി ഉപാസിക്കുക വാക്കിനെ ധേനുവായി ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെന്താ വിശദീകരിക്കാൻ അതങ്ങ് ചെയ്താ മതി അത് ചെയ്യാൻ ആരും തയ്യാറില്ല പിന്നെ നമ്മൾ എന്തിനാ അതിനുവേണ്ടി സമയം കളയുന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിനെ ധേനുവായി ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അത് ചെയ്യുമോ ആരും ചെയ്യത്തില്ല അതിപ്പോ ചെയ്തിട്ടെന്താ കാര്യം ആരും അനുഷ്ഠിക്കാത്ത ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ അതങ്ങ് വിട്ടു പ്രയോജനം ഇല്ലാത്തത് കൊണ്ടല്ല വാക്കിനെ ധനുവായി ഉപാസിച്ചാൽ എന്താ ഫലം നടത്തുക എന്നെ പറയുന്നുണ്ട് ആ ഫലം ആവശ്യമുള്ളവർക്ക് ചെയ്യാം പിന്നെ അതിന് വിശദീകരണം ആവശ്യമില്ല ഒന്നത് ആരും അനുഷ്ഠിക്കുന്നില്ല മറ്റൊന്ന് വിശദീകരണം ആവശ്യം വിശദീകരിക്കാതൊന്നുമില്ല പറയുന്ന എന്തോ അതുപോലെ ചെയ്യിക്കും അവിടെ വേദം പറയുന്നതാണ് നിങ്ങൾ അവിടെ നിങ്ങളുടെ ബുദ്ധിയൊന്നും പ്രയോഗിക്കേണ്ട കാര്യമില്ല എന്തു പറയുന്നോ അത് ചെയ്യിക്കും സളഗ്രാമം ഉപയോഗിച്ചിട്ട് ഇത് വിഷ്ണു ആണെന്ന് പറഞ്ഞാൽ അത് വിഷ്ണുവാണ് എന്ന് ധ്യാനിക്കുക അല്ല അവിടെ പിന്നെ വേറെ ഒന്നും ചിന്തിക്കരുത് ഇതൊരു കല്ലല്ലേ ഇത് ഇന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയതല്ലേ ഇതെങ്ങനെ വിഷ്ണു ആകും വിഷ്ണുവിനുമായിട്ട് എന്താ ബന്ധം ഇത് ജഡം തന്നെ വിഷ്ണു ചൈതന്യമല്ലേ ഇങ്ങനെയെല്ലാം ചിന്തിക്കാൻ പോയാൽ ഉപാസന അടക്കത്തിൽ അപ്പൊ ശ്രദ്ധാഭക്തിയോടുകൂടി അതങ്ങ് ചെയ്യുക പറയുന്നതനുഷ്ഠിക്കുക അതാണ് ഉപാസനാ പ്രകടനത്തിൽ അപ്പൊ വിശദീകരണം ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളതെല്ലാം കിട്ടും ഇനിയും വരുന്ന ഭാഗങ്ങളിലെല്ലാം നമ്മളത് അങ്ങ് കിട്ടും ആവശ്യവും താല്പര്യമുള്ളവരത് വായിച്ചു നോക്കുക മനസ്സിലാക്കുക ചെയ്യുക അത്രേയുള്ളൂ പക്ഷെ ഇവിടെ അതെന്തിനാ ശ്രുതി എന്തിനാ അതിനെ ചർച്ച ചെയ്യുന്നു വെറുതെ അല്ല ഉപയോ ഫലം വൈരാഗ്യാർത്ഥം പ്രഥമ പ്രശ്നേ സ്പഷ്ടീകരിയതേ അപ്പൊ ഈ ഉപാസന ഫലം എന്താണ് പറയുന്നു ആ ഉപാസനകളുടെ ഫലത്തിൽ നിന്നുള്ള വൈരാഗ്യം അതിനു വേണ്ടിയിട്ടാണ് അത് ചർച്ച ചെയ്യുന്നത് അതും വൈദികന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ലൗകിക മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനെയുള്ള പ്രലോഭനങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇപ്പോൾ ആർക്കും വേണം സ്വർഗം ഈ ലോകത്തെ തന്നെ ഒരുപാട് സ്വർഗം അനുഭവിക്കാനുള്ള പോയി ഇന്നാർക്കും ഈ പരലോകസ്വർഗത്തിനോടൊന്നും ആർക്കും വലിയ താല്പര്യം വരത്തില്ല പഴയകാലത്ത് അങ്ങനെയല്ല മനുഷ്യന് കഷ്ടപ്പാടുകളൊക്കെ കൂടുതലായിരുന്നു പ്രകൃതിയോടൊക്കെ ഒരുപാട് മല്ലടേണ്ടി കഷ്ടപ്പെട്ട് അവനീ ജീവിതത്തിൽ അധിക സുഖം കിട്ടിയില്ല സുഖം കിട്ടാൻ സാധ്യത കുറവായിരുന്നു അപ്പോ ഇനി പരലോകസുഖത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും ഇവിടെ ഇത്രയും ക്ലേശമാണെങ്കിൽ എത്ര അധ്വാനിച്ചാലും ശരി പ്രദേശമാണെങ്കിൽ പിന്നെ ഇനി ഇവിടെ എല്ലാ പരലോകത്തിലും എല്ലാ സുഖം കിട്ടുമോന്നെ ശരി ഇന്നങ്ങനെയല്ല ഇവിടെ എല്ലാ സുഖവും ഉണ്ടും അന്നപാനാദികൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല പണ്ട് അതുപോലും മനുഷ്യനുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ വേദങ്ങളിലൊക്കെ ഭിക്ഷയെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യുന്നത് അന്നമായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ വേദങ്ങളിലൊക്കെ ഭക്ഷ്യയെക്കുറിച്ചും പട്ടിണിയെക്കുറിച്ചും ഒക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട് ഇന്ന് ചുരുങ്ങിയ പക്ഷം നമ്മുടെ ഇടയിലൊന്നും അതൊന്നുമില്ല എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ സുഖത്തിന് വേണ്ടിയിട്ടുള്ള മനുഷ്യന്റെ ആഗ്രഹം അതാണ് അവനെ അലൌകികമായ സുഖത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് ലൗകികമായ സുഖൊന്നും ഇല്ല അപ്പൊ പിന്നെ അതിന്റെ ഉപായങ്ങളെ കുറിച്ചിന്ത അപ്പ അവിടെ കർമ്മങ്ങളും ഉപാസനകളും എല്ലാം വന്നു അപ്പോ അതിലേക്ക് താല്പര്യം പോകുമ്പോൾ തത്വവിചാരത്തിൽ ശ്രദ്ധ കുറയും അസുഖപ്രാപ്തിക്കുള്ള ഉപായങ്ങളിൽ പ്രവർത്തിക്കേണ്ടി വരുമ്പോ ഇന്നും അങ്ങനെ ഇന്ന് സുഖപ്രാപ്തിക്കുള്ള ഉപായങ്ങൾ ഇവിടെ തന്നെയുണ്ട് പരലോകത്തൊന്നും പോണ്ട ഇവിടെയുള്ള കൂടുതൽ സുഖമൊന്നും കാണാൻ വഴിയില്ല അപ്പോൾ ഇന്നും എന്ത് ചെയ്യുന്നു ഇവിടത്തെ ഈ സുഖത്തെ നേടാൻ വേണ്ടി മനുഷ്യൻ പ്രയത്നിച്ചു കഴിഞ്ഞാൽ അവന് തത്വവിചാരത്തിൽ ശ്രദ്ധ വരത്തില്ല അവര് താല്പര്യം വരത്തില്ല സമയം കിട്ടത്തില്ല സുഖത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ മുഴുകുന്നവർക്ക് അസാധ്യമായിത്തീരും അന്ന് ഇന്നും ഒരുപോലല്ല പക്ഷെ അന്ന് കർമ്മങ്ങൾ എന്ന് പറയുന്നത് മുഖ്യമായും പാരലൗകികമായ കർമ്മങ്ങളായിരുന്നു ഇവിടെ തന്നെ പറയുന്നു ഈ സന്ദർഭത്തിൽ ബ്രഹ്മനിഷ്ഠാഹ പരം ബ്രഹ്മ അന്വേഷമാ അവര് ബ്രഹ്മപരന്മാരാണ് ബ്രഹ്മനിഷ്ഠന്മാരാണ് പരം ബ്രഹ്മത്തെ അന്വേഷിക്കുന്നവരാണ് എന്നൂടെ പറയുന്നു ബ്രഹ്മനിഷ്ഠന്മാരാണെങ്കിൽ പിന്നെ എന്താ അന്വേഷിക്കുക ബ്രഹ്മനിഷ്ഠയ്ക്ക് വേണ്ടിയാണല്ലോ ഇതല്ല ഇപ്പൊ ബ്രഹ്മപരന്മാരെന്ന് പറയുമ്പോ ബ്രഹ്മം വേദം അതാണ് മുഖ്യമായ അർത്ഥമാണ് ബ്രഹ്മം വേദം വേദപരന്മാരായിരുന്നു അവർ വേദം അധ്യയനം ചെയ്യുക പിന്നെ വേദ സ്വാധ്യായം ചെയ്യുക പിന്നെ വേദോക്തമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക അതാണ് ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നത് പിന്നെ ഈ പരലോകസുഖത്തിന് വേണ്ടി വേദോക്തമായ ഉപാസനകൾ അനുഷ്ഠിക്കുക അതും അതും അതിന്റെ ഭാഗമാണ് അത് അവർ പരലോകസുഖത്തിന് വേണ്ടി മാത്രമല്ല പശു പുത്രൻ തുടങ്ങിയ ഹ്യലോകസുഖത്തിന് വേണ്ടിയും അതനുഷ്ഠിക്കും അതുകൊണ്ട് അവര് ബ്രഹ്മനിഷ്ഠന്മാരായിരുന്നു ഭാഷ കാരണം പറയും ബ്രഹ്മപരാഹ അപരം ബ്രഹ്മപരത്വനകഥാഹ കർമ്മ ഉപാസനകളിലൂടെ പരമാവധി എത്തുന്നത് പരബ്രഹ്മത്തെയല്ല അപരബ്രഹ്മത്തെയാണ് ഗീതയിൽ തുടക്കത്തിൽ പറഞ്ഞുള്ള വൈദികമായ മാർഗം രണ്ടായിത്തിരീന്ന് ഒന്ന് പ്രവൃത്തിയാണ് മറ്റൊന്ന് നിവൃത്തിയാണ് അപ്പൊ ആ പ്രവൃത്തി മാർഗത്തിൽ മുഴുകിയിരിക്കുന്നവരാണ് ബ്രഹ്മനിഷ്ഠന്മാരിവിടുത്തെ പക്ഷേ അത് അപ്പുറം ചിന്തിക്കുന്നവര് ശിഷിമാര് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ന്വേഷമാണ് ആഹാ അവര് പരമ്പ്രഹ്മത്തെ അന്വേഷിക്കുന്നു എന്നുവെച്ചാൽ അവർ പര അപരവിദ്യകളെ അവര് വേർതിരിച്ചറിയാൻ തുടങ്ങുന്നു പരാവിദ്യയിലേക്ക് അവർ പോകുന്നു അതാണ് പരം ബ്രഹ്മത്തെ അന്വേഷിക്കുന്ന പറയുന്നത് അപ്പോൾ അതുവരെ ചെയ്ത കാര്യങ്ങൾ അത് ഉപേക്ഷിക്കേണ്ടി വരും അതുവരെ ചെയ്തോണ്ടിരുന്ന എന്താണ് കർമ്മങ്ങളും ഉപാസനകളുമാണ് അതുകൊണ്ട് ഈ ഋഷിമാര് ആറുപേരും കൂടി ആദ്യവർ കൂടി ആലോചിച്ചിരിക്കും എന്താ ചെയ്യേണ്ടത് ഈ കർമ്മങ്ങളും ഉപാസനകളും ഒന്നും ഫലത്തെ തരുന്നതല്ല എന്നൊക്കെ പരസ്പരം ആലോചിച്ചിരിക്കും അതുകൊണ്ടാണോ ആറുപേരും ഒരുമിച്ച് പോയത് അപ്പോ പരമമായ കൃതകൃത്യതയെ നൽകുന്ന വിദ്യ അത് നമുക്ക് സ്വീകരിക്കണം അതിനാരാണ് ആ വിദ്യ അറിയാവുന്ന ആളാണ് പിപ്പലാതൻ കൃഷി അവിടെ പോകാന്നൊക്കെ അവർ തീരുമാനിച്ചു പോവുകയാണ് അവിടെ ചെലുമ്പെന്താ പറയുന്നത് വാച്ച ഭൂയവേ തപസ ബ്രഹ്മചര്യേണയാ സംവത്സരം സംവശ്യഥാ കാമം പ്രശ്നൻ പൃച്ഛത യുദ്ധി വിജ്ഞാമം വക്ഷമതി അവിടെ ചെന്നപ്പോ ഋഷി പറഞ്ഞ എന്താണ് ഭൂയേവ തേണ ശ്രദ്ധയാ ഭൂയേവ വീണ്ടും പൂർവം തപസ്സിനേവ നിങ്ങൾ മുൻപ് തന്നെ തപസ്സികളാണ് എന്തുകൊണ്ടാണ് ഇവര് മുൻപ് തപസികൾ എന്ന് അത്ര ഉറപ്പിച്ചു പറഞ്ഞത് കാരണം വേദാധ്യനം എന്ന് പറയുന്ന തപസ്സ ചെറിയ പ്രായത്തിൽ തന്നെ ഉപനയനം ചെയ്ത് കൃത്യനിഷ്ഠയോടുകൂടി കർശനമായ നിഷ്ഠയോടുകൂടി ഏതാ അധ്യയനം ചെയ്യുക എന്ന് പറയുന്നത് അവിടെ തപസം എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് എന്താ തപസ് എന്ന് പറയുന്നത് ഇന്ദ്രിയസമയമേനാ ഇന്ദ്രിയസമയമോ അത് തന്നെയാണ് അവിടുത്തെ തമസം മറ്റൊരു ഭാഗത്തിലും ശ്രദ്ധ പോകാതെ ലൗകികമായ വിഷയങ്ങളിലുള്ള പ്രലോഭനങ്ങൾക്കൊന്നും വഴിപ്പെടാതെ മനസ്സിന് ഏകാഗ്രമായ ആ വേദ വിദ്യയിൽ തന്നെ നിർത്തുക കർമ്മങ്ങളിലും ഉപാസനകളിലും മാത്രം നിർത്തുക അതാണ് ഇന്ദ്രിയ സംയമം അങ്ങനെ ഇന്ദ്രിയ സംയമത്തോടുകൂടി ഹേ വേദം ശരിയായി അധ്യയനം ചെയ്യാൻ കഴിയും വേദവ്രതന്മാർ എന്ന് പറയുന്നു ബ്രഹ്മചര്യ വ്രതം എന്ന് പറയുന്നു ബ്രഹ്മ എന്ന് പറയുന്നത് വേദമാണ് അതിനുവേണ്ടിട്ടുള്ള ആ വ്രതം അതാണ് ബ്രഹ്മചര്യ വ്രതം വേദം അധ്യയനം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതാണ് ബ്രഹ്മചര്യ വ്രതം അവിടെ ഇന്ദ്രിയസമയമ കൂടെ അതിചേരുമ്പോൾ ബ്രഹ്മചര്യം പൂർണ്ണമായി പറയുന്നു അത് നിങ്ങളങ്ങനെ തപസ്സുള്ളവരാണെങ്കിലും വീണ്ടും ബ്രഹ്മചര്യേണ ശ്രദ്ധയാ ആസ്തിക്യബുദ്ധിയാ ആണ് തുറക്കത്ത് ഞാൻ ശ്രദ്ധയെക്കുറിച്ച് പറഞ്ഞത് ബ്രഹ്മചര്യോത്തോടുകൂടി ശ്രദ്ധയോടുകൂടി ആസ്തിക്യബുദ്ധിയോടുകൂടി എന്തായാലും താല്പര്യമുള്ളതുകൊണ്ടാണല്ലോ ഇവിടെ വന്നത് അപ്പോ ഇവിടെ കഴിയുമ്പോഴും രണ്ടു കാര്യം വേണം പരം ബ്രഹ്മ അന്വേഷമാണ് ആഹാ പരംബ്രഹ്മത്തെ അന്വേഷിക്കുകയാണ് പരംബ്രഹ്മത്തെ അന്വേഷിക്കണമെങ്കിൽ അതിന് താല്പര്യം ഉണ്ടായിരുന്നു ആ താല്പര്യത്തെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇഷ്ടമെന്ന് താല്പര്യത്തോടുകൂടി തന്നെ ഇവിടെ നിക്കണം ആ താല്പര്യത്തോടുകൂടി നിന്നില്ല തുടങ്ങി വിട്ടു അതിവിടെ ഇവിടെ നിൽക്കാൻ പറയുന്നു സമ്പസ്യത ഇവിടെ എങ്ങനെ സമ്യക് ഗുരു ശുശ്രൂഷാ പരാഹസന്ത ഗുരു ശുശ്രൂഷാ പരന്മാരായി പ്രത്യേക എടുത്ത് പറയും അപ്പൊ ഗുരുവിന്റെ സന്നിധിയിൽ പോയി പരവുമായ വിദ്യയെ അർത്ഥിക്കുന്നവരായി അതാണ് വിദ്യാർത്ഥി ആയി അവിടെ കഴിയുമ്പോ ഗുരുശുശ്രൂഷാപരാഹ ഗുരുസേവന തത്പരായി അവിടെ കഴിയണം അപ്പൊ അതിനെക്കുറിച്ച് വിശദീകരിക്കും അപ്പൊ ഇവിടെ പറയുന്നത് അവിടെ ഗുരുവിന്റെ സന്നിധിയിൽ എത്തിച്ചേർന്നു ഗുരുവിന്റെ സന്നിധിയിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഈ കർമ്മ അതൊക്കെ ഇവർ കുറെ നോക്കിയവരാണ് അറിയാൻ വയ്യാത്തവരുണ്ട് അത് കഴിഞ്ഞിട്ട് പറയുന്നു അവര് ബ്രഹ്മപരന്മാരാണ് ബ്രഹ്മനിഷ്ഠന്മാരാണെന്ന് പറഞ്ഞപ്പോൾ വേദാധ്യയനം ചെയ്തവരാണെന്നും കർമ്മ അനുഷ്ഠിച്ചവരാണെന്നും വന്നു കഴിഞ്ഞു അതാണ് നമ്മൾ ആ ഭാഗമാണ് നമ്മൾ പറയുന്നു അവരോട് വീണ്ടും ഉപാസനകളെ കുറിച്ച് പറയുന്നു അതെന്തിനന്നുള്ളതാണ് അതാണ് പറഞ്ഞത് വൈരാഗ്യാർത്ഥം അതിന്റെ ഫലത്തിലുള്ള വിരക്തിക്ക് വേണ്ടി അത് ഒരു കാര്യത്തോട് വിരക്തി വരിക എന്ന് പറഞ്ഞാൽ എന്താണ് ആ വിഷയത്തോട് ആഗ്രഹം ഉണ്ടായാലേ വിരക്തി എന്ന് പറയുന്ന ഒന്ന് വരുന്നുള്ളൂ ആഗ്രഹം ഇല്ലാത്തവനെന്താ വിരക്തി അവിടെ വിരക്തി എന്ന് പറയുന്ന ഒന്നിന്റെ വരുന്നില്ല വിരക്തി വരണമെങ്കിൽ അതിന് ആഗ്രഹം വരണം ആഗ്രഹിക്കുന്നു പിന്നെ വിരക്തനാവും ആഗ്രഹമില്ലെങ്കിൽ പിന്നെ വിരക്തി എങ്ങനെ ആരംഭിക്കും അതില്ല സ്വർഗ്ഗത്തെക്കുറിച്ച് കേട്ടു അപ്പോൾ സ്വർഗത്തെക്കുറിച്ച് ആഗ്രഹം വന്നു പിന്നെ അവിടെ വിവേകം വന്നപ്പോൾ വിരക്തി വന്നു ഇല്ലാതെ ക്ഷണികമാണ് നശിക്കുന്നതാണ് എന്നെല്ലാം ചിന്തിച്ചിട്ട് വിരക്കി വന്നു സ്വർഗത്തെക്കുറിച്ച് ഒരാൾക്ക് ഒരാൾ കേട്ടിട്ടേയില്ല കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അയാൾക്ക് സ്വർഗത്തിൽ വിരക്തി ഉണ്ടാവുന്നുണ്ടാകത്തില്ല വിരക്തി എപ്പോഴും കാമനയെ തുടർന്നാണ് കാമന ഉള്ളവന് മ്യമായ വിഷയത്തിൽ മാത്രമേ വിരക്തി സംഭവിക്കത്തുള്ളൂ അതിൽ വ്യത്യാസം വരാം ചിലർക്ക് ശ്രോതം വിഷയം ശ്രവത്തമാകുന്നു ചില കേൾക്കുന്നു ഇത്രയേ ഉള്ളു കേട്ടതേ ആഗ്രഹം വരുന്നു അതിൽ വിരക്കി വരുന്നു ചിലർക്ക് എങ്ങനെയുണ്ട അത് അനുഭവിച്ചു അനുഭവിച്ചു പിന്നെ വിരക്കി വന്നു രണ്ടു തരത്തിലും വരാം ഇപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് കർമ്മ ഉപാസന ഫലങ്ങളെ കുറിച്ച് കേട്ടു കഴിഞ്ഞു അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിരിക്കും പ്രവർത്തിക്കാതിരിക്കാം അതിന് വേഗത്തെ ആശ്രയിച്ചു വേഗമില്ലാത്തവൻ കുറേയൊക്കെ പ്രവർത്തിക്കും പ്രവർത്തിക്കത്തില്ല എന്തായാലും അതിനെ കുറിച്ച് കേട്ടറിഞ്ഞപ്പോ അവർക്ക് അതിനെ ആഗ്രഹം ഉണ്ടായി ആഗ്രഹം അതുകൊണ്ടാണ് ബ്രഹ്മപരന്മാരാണ് ബ്രഹ്മനിഷ്ഠന്മാരാണെന്ന് പറഞ്ഞത് വേദനിഷ്ഠന്മാരാണ് പക്ഷെ പരം ബ്രഹ്മത്തെ അറിയാനും അവരിൽ ആഗ്രഹമുണ്ടായി എന്തുകൊണ്ട് വേദ അധ്യയനം ചെയ്യുമ്പോൾ അവിടെ തത്തുമസി അഹം ബ്രഹ്മാസ്മി എല്ലാം വരുന്നുണ്ട് പരബ്രഹ്മവും അവിടെ വിഷയമാണ് അതെന്താണ് അതിന്റെ പ്രാപ്തിക്കുള്ള ഉപായം എന്താണ് എന്താണ് അതിന്റെ സ്വരൂപം എന്താണ് പ്രതകൃത്യത ജിജ്ഞാസുണ്ടാവും അപ്പൊ ജിജ്ഞാസ ഉണ്ടായി ചെല്ലുമ്പോ അവരുടെ ഉള്ളിൽ പഴയ കാമനകളെല്ലാം കിടക്കുന്നുണ്ട് സ്വർഗത്തെ കുറിച്ചെല്ലാം ധാരാളം പ്രതീക്ഷ വെച്ചതാണ് അപ്പൊ അതിനെ കുറിച്ചുള്ള വിരക്തി ഉണ്ടാകണം അതാണ് എന്താണ് സ്വർഗാദി വിഷയങ്ങളെ കാമിച്ചവർക്കാണ് സ്വർഗാദി വിഷയങ്ങളിൽ വിരക്തി ഉണ്ടാകുന്നത് ഉണ്ടാകേണ്ടതും നമ്മളെ പോലെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമില്ല കാരണം നമ്മൾ വേദം അധ്യയനം ചെയ്തിട്ടില്ല സ്വർഗത്തെക്കുറിച്ച് കേട്ടിട്ടില്ല അതിനെ ആഗ്രഹിച്ചിട്ടില്ല അതുകൊണ്ടവര് വിരക്തി എന്ന് പറയുന്ന വിഷയവും ഉണ്ടാകുന്നില്ല ആഗ്രഹിച്ചിട്ടു വേണ്ടി വിരക്തനാകണം നമ്മൾക്ക് വിരക്തി ഉണ്ടാവണമെങ്കിൽ ആദ്യ കൃത്രിമമായി ആഗ്രഹത്തെ ഉണ്ടാകണം അത് ഉണ്ടാകുന്നുണ്ട് എന്തുകൊണ്ട് ഇവിടെ തന്നെ സുഖങ്ങളെല്ലാം ധാരാളം ഉണ്ട് ഇത് തന്നെ അനുഭവിച്ച് തീരാൻ സമയമില്ല പിന്നെ അല്ലെങ്കിൽ സ്വർഗത്തിൽ പോയി അനുഭവിക്കുന്നു പണ്ടത്തെ കാലം അതുകൊണ്ടാണ് ഉപാസനാഭാഗങ്ങൾ നമ്മെ സംബന്ധിച്ച് അപ്രസക്തമായിത്തീരുന്നു കർമ്മമല്ല ഒരു പ്രധാന കാരണം അതാണ് കർമ്മങ്ങളെ കുറിച്ചോ കേൾക്കാനുള്ള അവസരം ഉണ്ടായില്ല അതുകൊണ്ട് അതിന്റെ ഫലങ്ങളെ കുറിച്ച് പക്ഷേ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് പറയുന്ന എണ്ണം വൈദികന്മാരും അപ്പൊ വൈദികരെ സംബന്ധിച്ചിടത്തോളം ആ വൈദിക നിഷ്ഠ ഇവിടെ പറയുന്ന ബ്രഹ്മപരൻ ബ്രഹ്മനിഷ്ഠൻ എന്നെല്ലാം പറയുന്ന ആ നിഷ്ഠയിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ച് ഇതെല്ലാം സ്വാഭാവികമാണ് സഹജമാണ് അവർക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ആഗ്രഹങ്ങളുണ്ടാവും ഇന്നിപ്പം നമ്മൾ ആരോ എവിടെ എങ്കിലും ചെന്ന് സ്വർഗത്തിലൊന്നും ആഗ്രഹം വരരുത് വിരക്തി വരരുതെന്ന് പറഞ്ഞാൽ അവർ ആദ്യം ചിന്തിക്കുകയും അതോ ഈ സ്വർഗം ഇയാള് പറയുന്ന വിരക്തി ഇത് എന്തിനെ അല്ല ഇവിടെയുള്ള ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് വിരക്തി വരണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും അത് ശരിയായി എനിക്ക് ആ ഒരു വിഷയത്തിൽ ആഗ്രഹമുണ്ട് ശരി അത് ദോഷമാണെങ്കിൽ ഞാൻ ഉപേക്ഷിക്കാമെന്ന് പറയും സ്വർഗത്തെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകത്ത പക്ഷേ വൈദികന്മാരെ സംബന്ധിച്ച് അങ്ങനെ അവർക്ക് വിരക്തി ഉണ്ടാകണം അതുകൊണ്ട് ഇവിടെ ദീയത്രി പ്രശ്നാഭ്യാം വിപ്രിയതും കർമ്മോപാസന ഫലങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ഉപാസന ഫലങ്ങളെക്കുറിച്ചും ഉപാസനയെ കുറിച്ചൊക്കെ ഇവിടെ വിശദീകരിക്കും ഇനി ഇതെല്ലാം വേദം ഇന്നായാലും ശരി വേദം അധ്യയനം ചെയ്യുന്നവർക്ക് വേദാധ്യയനം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളുണ്ടാവാം ഇപ്പൊ അനുഭവിക്കുന്ന സുഖത്തെക്കാളും വലിയൊരു സുഖമാണോ എന്ന് എല്ലാം കേട്ടുകഴിയുമ്പോൾ ആഗ്രഹം ഉണ്ടാകാം അപ്പോൾ തീർച്ചയായും അതിന്റെ ഫലത്തിന്റെ ദോഷങ്ങളെക്കുറിച്ച് അത് ക്ഷയിക്കുന്നതാണ് തുടങ്ങിയ ദോഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശരിയായ രീതിയിൽ ധരിക്കാൻ വേണ്ടി ഇവിടെ അത് ചർച്ച ചെയ്യുന്നു അപ്പോൾ ചോദിക്കുക അത് ശരിയല്ല പക്ഷെ നമ്മളിന്ന് എന്തിനാ അത് ചർച്ച ചെയ്യുന്നത് കാരണം ഉപാസനാഫലത്തെക്കുറിച്ചോ അല്ല അലൗകികമായ ഫലങ്ങളെക്കുറിച്ച് ആഗ്രഹമില്ലെങ്കിലും ൗകികമായ ഫലങ്ങളെ കുറിച്ച് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അലൗകികമായാലും ലൗകികമായാലും ഫലത്തിന്റെ സ്വഭാവം ഒന്നും തന്നെ അതുകൊണ്ട് അതിന്റെ ആഗ്രഹം വയ്ക്കണ്ട എന്ന് ബോധിപ്പിക്കുന്നേ ഈ ചർച്ചകൾ ഇന്നുപകരി പഴയതുപോലെ അല്ലെങ്കിൽ വൈദികന്മാർക്കെന്നതുപോലെ തന്നെ അവൈദികന്മാർക്കും ഉപകരി അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അതൊക്കെ ചർച്ച ചെയ്യുന്നത് നമ്മുടെയൊക്കെ മനസ്സിലും പലതരത്തിലുള്ള നാനാ തരത്തിലുള്ള ഫലകാമനകളുണ്ട് ഇല്ല എന്നൊക്കെ വെറുതെ പുറമേ പറയും എല്ലാവരുടെ മനസ്സിലുണ്ട് അത് അപ്പൊ അതിന്റെ ദോഷങ്ങളെ കുറിച്ചും മനസ്സിലാക്കണം അതൊക്കെ എവിടെ ചെല്ലും അതൊക്കെ എവിടെ അവസാനിക്കുന്നത് അപ്പോ പൊതുവായി ഫലദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് വൈദികമായാലും ശരി അവൈദികമായാലും ലൗകികമായാലും അലൌകികമായാലും ആ ചർച്ച ഉപകരിക്കും അപ്പൊ വിരക്തി എന്ന് പറയുന്നത് ആ തത്വനിഷ്ഠയ്ക്ക് അത് ആവശ്യമാണ് അതുകൊണ്ട് ദ്വിതീയ തൃതീയ പ്രശ്നങ്ങളിലൂടെ അത് വിശദീകരിക്കുകയാണ് അതിന്റെ ഫലം എന്താണ് ഫലം എന്ത് തത് വൈരാഗ്യാർ ഫലം വൈരാഗ്യം ഉണ്ടാകണം പാമനകളിൽ ഒരു മുക്തി മനുഷ്യന്റെ മനസ്സിനുണ്ടാകണം എന്നാൽ മാത്രമേ ഈ തത്വചിന്തയിൽ ദൃഢത വരുത്തൂ അല്ല നമുക്ക് തന്നെ അറിയാം നമ്മുടെ മനസ്സ് കർമ്മങ്ങളിൽ മുഴുകുകയാണെങ്കിൽ ഒരിക്കലും അവിടെ തത്വചിന്തയിൽ ശ്രദ്ധ വരുത്തില്ലോ അപ്പൊ അതിലായിരിക്കും താല്പര്യം ഏതിലും മനസ്സ് മുഴുകുന്നോ അതിലായിരിക്കും അപ്പൊ ഇഷ്ടം അതായിരിക്കും ആ സമയം തത്വചിന്ത ഇഷ്ടമായി വരുന്ന എപ്പോ മറുഭാഗത്തു നിന്നും മനസ്സൊന്നും അതിന്റെ ദോഷങ്ങളെ ചിന്തിച്ച് അതിൽ ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ ഒരിടത്തും എത്തില്ല എന്ന് ഉറപ്പിക്കുമ്പോ തത്വചിന്തയിൽ ഇഷ്ടം ഒരു ശ്രദ്ധ വരും ആ നമ്മൾ മുൻപ് വായിച്ചെടുത്ത് പറഞ്ഞത് അപ്പോ പ്രഥമ ഇതിന്റെ എല്ലാം ഫലം കർമ്മജ്ഞാനങ്ങളുടെ ഫലം അതിന്റെ നിസ്സാരതയെ ബോധ്യപ്പെടുത്തുന്നു പരവിദ്യാഥ യഥാർത്ഥ അക്ഷരം അധികമ്യതക്രമ്യ കൃഷ്ണേന മുണ്ട പ്രതിപാദം അപ്പൊ പരാവിധിയെ കുറിച്ച് മുണ്ടകത്തിൽ പൂർണ്ണമായും അത് പ്രതിപാദനം ചെയ്തു നമ്മളത് കേവലം ചെറുക്കുക മാത്രമല്ല നമ്മളവിടെ വിശദമായി ചർച്ച ചെയ്തു അതിവിടെ ചർച്ച ചെയ്യുന്നു നമ്മളത് വീണ്ടും ആവർത്തിക്കുന്നു എന്നു വേണ്ടി നമ്മളെ ബോധത്തിന്റെ വിശുദ്ധിക്കു വേണ്ടി ചർച്ച ചെയ്ത് തന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്ന അതാണ് എന്തുകൊണ്ട് പ്രശ്നം അവിടെ ചർച്ച ചെയ്തില്ല കാരണം അത് മുണ്ടകത്തിന്റെ വ്യാഖ്യാനമാണ് നമ്മൾ മുണ്ടകത്തെ വ്യാഖ്യാനിക്കുക ചെയ്യുന്നു വിശദീകരിക്കുക ചെയ്യുന്നു അതിവിടെ പറയുന്നു തത്രാസുദുക്താദിത്യാദി മന്ത്രത്വയുക്തഅസ്യ വിസ്തരാർത്ഥം ചതുർത്ഥം പ്രശ്നം ഇവിടുത്തെ നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അവിടെ പറഞ്ഞ തത്വത്തിന്റെ വിശദീകരണമാണ് ഇവര് ബ്രഹ്മനിഷ്ഠന്മാരും ബ്രഹ്മപരന്മാരുമായിരുന്നു എന്ന് പറഞ്ഞാൽ വൈദികന്മാരായിരുന്നു അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും മറ്റ് ഫലങ്ങളിലെല്ലാം ആഗ്രഹമുണ്ടായി അപ്പോൾ അത് അനശ്വരമാ അല്ല നശ്വരമാണെന്ന് അവരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദ്വിതീയ തൃതീയ പ്രശ്നങ്ങൾ അതും അതിന്റെ സമാധാനം ഇതല്ല ഒന്ന് രണ്ട് മൂന്നല്ല അതിനു വേണ്ടിയാണ് നാലാമത് തത്വത്തെ വിശദീകരിക്കുന്നു അപ്പൊ അത് ആവശ്യമാണ് മനസ്സ് വിക്ഷിപ്തമായിരുന്ന വിക്ഷിപ്തമാണെന്ന് എന്താണ് കാമനങ്ങൾ കൊണ്ടാണ് പല കാര്യങ്ങളിലും ആഗ്രഹങ്ങളും ഉണ്ടാകുന്നു അങ്ങനെ ഉണ്ടാകുമ്പോ തത്വത്തിൽ മനസ്സ് ഉറക്കത്തില്ല പ്രണവോധനുരിത്ര ഉക്ത പ്രണവോപാസന വിവരണാർത്ഥം പഞ്ചമപ്രശ്ന അവിടെ പ്രണവോധനു എന്ന് പറഞ്ഞ് മുണ്ടകത്തിൽ പറഞ്ഞല്ലോ അതിന്റെ ഒരു വിശദീകരണ രൂപത്തിൽ അഞ്ചാമത്തെ ചോദ്യോത്തരവും ഓരോ ചോദ്യോത്തരവും എന്താണെന്ന് ഇവിടെ പറയുക ശേഷേണ മുണ്ടകേന ഉക്തർത്ഥ സ്പഷഷ്ടീകരണാർത്ഥം ഷഷ്ടപ്രശ് പ്രാണനെ കുറിച്ചെല്ലാം വിശദമായി ചർച്ച ചെയ്യുന്നു അത്യന്തി അത് ബ്രഹ്മത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത് അത് ഇന്ത്യയുമായി അത് ബ്രഹ്മം തന്നെ ഇത്തരത്തിലുള്ള അവസാനം ചർച്ച ചെയ്യും അത് മുണ്ടകത്തിൽ പറഞ്ഞാണ് അതിന്റെ വിശദീകരണ രൂപത്തിലാണ് നമ്മളത് അവിടെ ചർച്ച ചെയ്തു നമ്മളവിടെ ഒന്നും ബാക്കി വെച്ചില്ല ആ അവിടത്തെ ആ വിശദമായ ചർച്ചയെ നമ്മളിവിടെ ഒന്നും കൂടി അവർക്കും അത് പലരും ചോദിക്കും എത്ര കാലം ഇത് മുമ്പോട്ട് പോകണം മീത ആയി ബ്രഹ്മസൂത്രമായി ഉപനിഷത്തായി ഏതുവരെ അത് അതിന്റെ ഫലം തനിക്ക് അനുഭവിക്കാൻ കഴിയുമോ അതുവരെ ഏതുവരെ ആ വിദ്യ കൃതാർത്ഥതയെ പ്രദാനം ചെയ്യുന്നു അതുവരെ ഇത് പോകണം സ്വയം അല്ലെങ്കിൽ പരിസഹായത്തോടെ അതൊരാള് തന്നെ വേണമെന്നുണ്ട് പലയിടത്തും പല രീതിയിൽ അതുകൊണ്ട് പറയുന്നു പ്രശ്നവും ഉണ്ടകുമ്പോൾ യാതൊരു വ്യത്യാസവും ഇല്ല അതേ വിഷയപ്രയോജനാധികം തത്രയോക്തം ഇതിഹപരൂപത്തെ അത് മുണ്ടകെന്താണോ അത് തന്നെ പ്രശ്നം അതുകൊണ്ട് സാധാരണ ദശോപംശത്വം ചർച്ച ചെയ്യുന്നിടത്ത് മുണ്ടകമാദ്യം ചർച്ച ചെയ്തിട്ട് അതിന്റെ വിസ്താരൂപത്തിൽ പ്രശ്നം ചർച്ച ചെയ്യും നമ്മൾ മുണ്ടകത്തിൽ തന്നെ പ്രശ്നത്തെ കൂടെ വിസ്തരിച്ചു എല്ലാം ചർച്ച ചെയ്യും പിന്നെ ഈ കേൾവിക്കാരുടെ മനസ്സിൽ ചില ചോദ്യചിഹ്നങ്ങളെല്ലാം അവശേഷിക്കും എന്തുകൊണ്ട് പ്രശ്നം വിട്ടുകഴിഞ്ഞു അപ്പൊ അത് നമുക്ക് ബോധ്യപ്പെടണം പ്രശ്നം ചർച്ച ചെയ്യുമ്പോ ഇത് മുണ്ടകത്തിന്റെ വിശദീകരണം തന്നെയാണ് എന്ന് ബോധ്യപ്പെടും അതിനുവേണ്ടി നമ്മൾ അത് ചർച്ച ചെയ്യുന്നു അത്യന്തി തത്വ നിഷ്ഠ അതാണ് ഇതിന്റെ ലക്ഷ്യം ഖ്യായിക ബ്രഹ്മചര്യ വിധാനം പുരാകൽപസ്വരൂപേണ പ്രയോജനാന്തരം ചി പിന്നെ മാത്രമല്ല ഇപ്പൊ തത്വത്തിന്റെ വിശദീകരണം മാത്രമല്ല ഇവിടെ മറ്റു ചില കാര്യങ്ങളെ കുറിച്ചുകൂടെ ഉപാസന വിശദീകരിച്ച് പറയുന്നുണ്ട് അത് വൈരാഗ്യത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു എന്റെ ഫലങ്ങളെ കുറിച്ച് മറ്റും വിശദീകരിക്കുന്നു പിന്നെ ബ്രഹ്മചര്യം തപസ് തുടങ്ങിയ സാധനങ്ങളെ കുറിച്ച് പറയുന്നു ഒരാൾക്ക് എന്തുകൊണ്ട് തത്വത്തിൽ ശ്രദ്ധ വരുന്നില്ല സ്പഷ്ടമാണോ അയാൾ ബ്രഹ്മചര്യം തപസ് ഇതൊന്നുമില്ല തപസ്സില്ല മനസ്സങ്ങോട്ട് ഉറക്കുന്നില്ല അതെനിക്ക് വളരെ അതിശയം തോന്നാറില്ല എന്നാലും മനസ്സിൽ വളരെ ഒന്നിനും അതിശയപ്പെട്ടിട്ട് കാര്യങ്ങൾ ലോക സ്വഭാവമാണെല്ലാം അപ്പൊ പിന്നെന്തോ അതിശയപ്പെടാനിവിടെ എന്തിരിക്കുന്നു എന്നാലും അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് ഗുരുവിനെ തേടി നടന്ന് ഒരു ഗുരുവിന്റെ സന്നിധിയിൽ വന്നു ഗുരുവിനെ ശുശ്രൂഷിച്ച് അങ്ങനെയെല്ലാം കഴിയുന്നവർക്ക് പോലും എന്താണോ അവൻ ആത്യന്തികമായ ശ്രേയസിനെ കൊടുക്കുന്നത് അങ്ങനെയുള്ള തത്വവിചാരത്തിൽ നിന്നും ശ്രദ്ധ ക്ഷീരമുള്ളവരകട ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം അവിടെ ശ്രദ്ധ മറ്റു പല ഭാഗങ്ങളിലേക്കും ലോകവ്യാപാരങ്ങളിലേക്ക് ലൗകിക കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ അതിശയമാണ് പക്ഷെ നമ്മൾ അതിശയമായി കാണണ്ട അതേസമയം ഈ ലോകത്തിന്റെ മധ്യത്തിൽ തന്നെ ജീവിച്ചു ലൗകികമായ പ്രവൃത്തികളിലേർപ്പെട്ട് ഉള്ളില് ശ്രദ്ധാഭക്തികളോടുകൂടി പുറമെ ലൗകിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ഇത് വളരെ ശ്രദ്ധയോടുകൂടി സ്വീകരിക്കുന്നു ഈ മാർക്കറ്റിൽ അത് വേണ്ട വേറെ മാർക്കറ്റിൽ ഇതിന് വലിയ ഡിമാൻഡ് ആശ്ചര്യം പോലെ തോന്നുന്നു എന്തുകൊണ്ടങ്ങനെ അതിന് സമാധാനോട് ഇവിടെ പറഞ്ഞിരിക്കുന്നു ബ്രഹ്മചേരി തപ്പ ആദ്യ സാധനങ്ങളില്ല അതുകൊണ്ടാണ് ആ സാധനയില്ല എന്തെങ്ങനെ വരാൻ പറ്റും ഞാൻ മുട്ടയടിച്ചിട്ടുണ്ട് താടി വളർത്തിയിട്ടുണ്ട് ഇതൊന്നും ഇല്ല ഉദ്ദേശിക്കുന്നു ആന്തരികമായ സാധനങ്ങളില്ല മറ്റുള്ള ആൾക്കാർ ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിലും ശരി അവരുടെ ഉള്ളിൽ ആ സാധനുണ്ട് ഒരുപക്ഷെ അത് പൂർവ്വ സംസ്കാരമായിരുന്നു വർക്ക് ശ്രദ്ധ വരുന്നുണ്ട് ശ്രദ്ധ വരുവോ മാത്രമല്ല അതിൽ നിഷ്ഠ വരുന്നുണ്ട് അപ്പൊ ഈ തത്വം നമ്മൾ മനസ്സിലാക്കുന്നതിന് നമുക്ക് അർത്ഥത എന്താ അങ്ങനെ സംഭവിക്കുന്നത് സാറിന് പറയുമല്ലോ ഘൃതം തെക്കുവ കരം ലേഠി സംസ്കൃതിക്കറി ഉള്ളം കയ്യിൽ നെയ്യ് വെച്ചു കൊടുത്തപ്പോ അത് ദൂരെ എറിഞ്ഞിട്ട് പുറം കൈ നക്കുന്നു അങ്ങനെ മറ്റുള്ളവരങ്ങനെയല്ല അവരത് എത്തിപ്പിടിക്കുന്നു അങ്ങനെ ധാരാളം അനുഭവമുണ്ട് പുറമേ ഉള്ളവർക്കാണ് ഇത് മാത്രമല്ല പലപ്പോഴും ശ്രദ്ധ ഭക്തികളെല്ലാം കൂടുതലായി കാണുന്നത് സാധാരണ ലൗകിക മനുഷ്യരിലാണ് ആത്മീയ ജീവികളിലല്ല അതിന് കാരണം ഇതാണ് അതാണ് ഇവിടെ പറഞ്ഞത് ബ്രഹ്മചര്യത്തെ അതിസാധനവിധാണ് അതിവിടെ പറയുന്നത് അത്തരം സാധനങ്ങൾ അവന്റെ ഉള്ളില് വേണം പുറമെ എന്തെങ്കിലും കാട്ടിക്കൊടുത്തുന്നതിലൊന്നും അർത്ഥമില്ല അതുകൊണ്ട് അതൊക്കെ ഒരു പുരാ ഇവിടെ പറയുന്നുണ്ടല്ലോ പുരാകൽപ്പവരൂപേണ ഇവിടെ എന്താ പറഞ്ഞത് ബ്രഹ്മചര്യേണ ശ്രദ്ധയ സംവത്സരം സമ്മത്സ്യത പറഞ്ഞു ഭാഷികാരം പറഞ്ഞു വിശേഷതോ ബ്രഹ്മചര്യാണ് ഇതുവരെ അതെല്ലാം ഉള്ളവരാണ് എങ്കിലും കുറച്ചുകൂടി ശ്രദ്ധയാ ആസ്തിക്യബുദ്ധിയ ആദരവന്ത ആദരവുള്ളവരായി വിദ്യയോട് ആദരവുള്ളവരായി ഗുരുവിനോട് ആദരവുള്ളവരായി സമയ ഗുരു ശുശ്രൂഷ പരാഹസന്ത സമ്പത്സ്യത വത്സ്യത അവിടെ ാണ് അപ്പോ ഒരാൾ ഗുരുവിനെ അന്വേഷിച്ചു പോയി ഗുരുവിനെ പ്രാപിക്കുന്നു അപ്പൊ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഇയാള് ജിജ്ഞാസാണ് എന്നാ ഇയാളെ അങ്ങോട്ട് ബ്രഹ്മസൂത്രം പഠിപ്പിച്ചാളെ ആണെന്ന് തന്നെ വിചാരിച്ചു നിങ്ങൾ ശരിയായ പരിപാകം അത് സംഭവിക്കണ്ടേ അതാണ് വേണ്ടത് അതുകൊണ്ട് നിങ്ങളിവിടെ കഴിയില്ല ഇവിടെ കഴിയാന്ന് വെച്ചെന്താ പരദൂഷണം പറഞ്ഞു കഴിയാനാണോ പറഞ്ഞാലോ അവരെ ഗുരു ശുശ്രൂഷാപരന്മാരായി ഗുരു സേവാപരന്മാരായി ഇവിടെ കഴിയുക എന്ന് പറഞ്ഞു അപ്പോ ഒരു തത്വ എവിടെയാണ് കഴിയേണ്ടത് വിശേഷത്തിലാണോ ഹിമാലയത്തിലാണോ എവിടെയാ കഴിയേണ്ടത് അതും വ്യക്തമാക്കുകയാണ് അത് മഠത്തിലോ ആശ്രമത്തിലോ ഹിമാലയത്തിലോ ഗുഹയിലോ ഗിരിയിലോ ഒന്നുമല്ല ഒരു തത്ത്വജിജ്ഞാസ് കഴിയേണ്ടത് ഗുരുവിന്റെ സന്നിധി തന്നെയാണ് അപ്പോ ഗുരുവിന്റെ സന്നിധി തന്നെയാണ് അയാളെ സംബന്ധിച്ചിടത്തോളം തീർത്ഥം സതീർത്ഥ്യന്മാരെ പറയും എന്താണ് ഒരേ തീർത്ഥത്തിൽ വസിക്കുന്നവര് അതുകൊണ്ട് സതീർത്ഥന്മാരെന്ന് തീർത്ഥം എന്ന് പറഞ്ഞാൽ ഗുരു എന്നുള്ള എല്ലാ ഗുരു സന്നിധി ഗുരുവിന്റെ സാമീപ്യം അവിടെയാണ് ഒരാൾ ഒരു ജിജ്ഞാസ് വസിക്കേണ്ടത് കാരണം അവിടെ ലഭിക്കുന്ന പരിരക്ഷ അത് മറ്റൊരിടത്തും കിട്ടത്തില്ല ഹിമാലയത്തിലെ പാറകൾക്കും ഗുഹകൾക്കും ഒന്നും പറ്റില്ല അവിടെ കൂടുതലുള്ള കൊരങ്ങന്മാരാണ് അപ്പൊ അവരെ കണ്ടുകൊണ്ടിരുന്ന എന്താ അവരുടെ ചാബല്യമൊക്കെ കിട്ടും മറിച്ച് അങ്ങനല്ല ഗുരുവിന്റെ സമീപത്തെ തന്നെ ഇരിക്കും അവിടെ ഇരുന്നുകൊണ്ടാണ് തത്വ വിചാരവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് പക്ഷെ അത് അങ്ങനെയുണ്ട് ഇപ്പൊ ഗുരുവിന്റെ സമീപത്ത് ചേരുന്നു ഗുരു പറയുന്നത് നീ ബ്രഹ്മമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയും അല്ല പിന്നെ ഞാനിതാണെന്ന് പിന്നെ എൻ്റെ വ്യത്യാസം നമ്മളൊരു വ്യത്യാസം ഞാനും ബ്രഹ്മു താനും ബ്രഹ്മു അവ പിന്നെ ഞാനും ഇനി ഗുരുതന്നെ അതൊന്നും വരാൻ പാടില്ല വിപരീയ ബുദ്ധി വരാൻ പാടില്ല അതുകൊണ്ട് പറഞ്ഞു തപസ്സോടുകൂടി ശ്രദ്ധയോടുകൂടി ആദരവോടുകൂടി ഒരു കൊല്ലം താമസിക്കുന്നു കൊല്ലമെന്ന് പറഞ്ഞാൽ ഒരു കൊല്ലമെന്നൊന്നും പറയുന്നില്ല എത്ര കൊല്ലം താമസിച്ചാലാണോ അവനാ യോഗ്യത ഉണ്ടാകുന്നത് അത്രയും കൊല്ലം ഒരു കൊല്ലം ഒന്നും എടുക്കണ്ടല്ലോ ഞാൻ മുപ്പത് കൊല്ലം താമസിച്ചല്ലോ ഏകദേശം അത്രയും കൊല്ലം താമസിച്ചവർ ആ തൊഴുത്തിലു കൊണ്ട് കുറെ പേര് അതുകൊണ്ട് കാര്യമൊന്നുമില്ല അവർക്കൊക്കെ അത്രയും ആയുസ് കിട്ടുമെന്ന് അറിയത്തില്ല എന്നാൽ ആവിഷ്കാരം മുഴുവൻ തമ്മിഞ്ഞവരുണ്ട് മുപ്പതിലും നാൽപ്പതിലും ഒന്നും ഒരു കണക്കുമില്ല അത് ഒരർത്ഥമല്ല ഈ പറയുന്നത് പോലെ എന്താണ് ആദരബന്ധ സമ്മസരം കാലം സമ്മശ്യത അപ്പോ പലരും പരാതി വരെ പറയുന്നത് ശരി തന്നെയാണ് ഞങ്ങള് ആയുഷ്കാലം ഗുരുവിന്റെ സന്നിധി കഴിഞ്ഞോളാം പക്ഷെ ഗുരുവിന്റെ സന്നിധിയിൽ കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കാണുന്നില്ല അത് പ്രത്യേകിച്ച് ഗുണമുണ്ടാകാത്തത് അതിപ്പോ എവിടെ പോയി കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഗുണൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഗുരുവിന്റെ സന്നിധി ഒന്നുള്ള അല്ല ഹിമാലയത്തിൽ പോയാലും ഇങ്ങനെയൊക്കെ തന്നെ ചിലപ്പോൾ ഇതിനും വഷളനാകത്തേ ഉള്ളൂ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല അതുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്താണ് ബ്രഹ്മചര്യേണ ശ്രദ്ധയ ആസ്തിക്യബുദ്ധിയ ആദരവന്ധ അങ്ങനെ ഒരാൾക്ക് കഴിയാൻ കഴിയുമോ എന്നാൽ തീർച്ചയായും അതി പറയുന്ന എല്ലാ സാഹചര്യങ്ങളും ഗുരുവിന്റെ സമീ സമീപത്തിൽ തന്നെ എല്ലാം വന്നുചേരും ആ ഗുരുവിന്റെ സമീപത്തിൽ തന്നെ അയാൾക്ക് കൃതകൃത്യത അനുഭവിക്കാൻ കഴിയും അപ്പോ അധ്യാത്മവിദ്യയിൽ ഗുരുവിനെ വിട്ടൊരു കാര്യമില്ല അതില്ല അത് പരവുമായ സത്യമാണത് അതാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പറയുന്നത് തന്നെയാണ് സമ്മത്സരം സമ്മത്സ്യത ഒരു വർഷവും നഷ്ടമില്ല എത്ര കാലം ഗുരുവിന്റെ സന്നിധിയിൽ കഴിഞ്ഞാലാണോ ഗുണമുണ്ടാകുന്നത് അത്രയും കാലം കഴിയുക അതിൽ ഗുണമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് തന്റെ ദോഷമാണ് തിരിച്ചറിയുക ഗുരുവിന്റെ ദോഷമല്ല ോഷമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ദോഷ പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളിൽ മുഴുകി അവിടെ കഴിയുക ആ ശരി അത് അത് കഴിയത്തില്ല എന്തുകൊണ്ട് ഗുരുവിന്റെ സാന്നിധ്യത്തിൽ കഴിയുന്ന പരിരക്ഷ അത് ആവശ്യമാണ് അത് നഷ്ടപ്പെട്ടു അതാണ് അതിന്റെ നഷ്ടം പറയുന്നത് അവൻ നഷ്ടപ്പെട്ടാൽ പിന്നെ അവന് നാശം സംഭവിക്കും അധപ്പതനം സംഭവിക്കും അധപ്പതനത്തിനൊക്കെ അതീതനാകുന്നെങ്കിൽ ആ പൂർണതയിൽ എത്തണ്ടേ പൂർണ്ണതയിൽ എത്തുന്നതുവരെ ഈ ലോകത്ത് ജീവിക്കണ്ടേ എവിടെ ജീവിക്കും ഏത് സ്ഥലത്തും പതനത്തിനുള്ള അവസരങ്ങളുണ്ട് ഗുരുവിന്റെ സന്നിധിയിൽ പതനം സംഭവിക്കില്ലേ തീർച്ചയായിട്ടും സംഭവിക്കും ഗുരുവിന്റെ സന്നിധിയിലും പതനം സംഭവിക്കും പക്ഷെ അവിടെ രക്ഷപ്പെടാൻ അവസരം വീണ്ടും ഉണ്ടാവും പുറത്തായാലോ അതിനുള്ള അവസരം നഷ്ടപ്പെടും പിന്നെ ആ ജന്മം നോക്കേണ്ട കാര്യമില്ല പിന്നെ അങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളത് അത് തന്നെ ദോഷമാണ് അവന്റെ തന്നെ പോരായ്മയാണ് ഗുരുവിന്റെ സമീപത്തിലും പലരും പതിച്ചുപോയി വീണ്ടും അവർക്ക് രക്ഷപ്പെടാനുള്ള അവസരത്തെ അവര് ഗുരുവിന്റെ സമീപത്തിൽ വരുന്ന സ്വയം പതിക്കാനുള്ള രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവിടെയും പതിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും അന്വേഷിക്കുക രക്ഷപ്പെടാൻ എന്താ അവസരം അവിടെ അല്ലാതെ മറ്റൊരു സ്ഥലത്ത് സാധ്യമല്ല അങ്ങനൊരു കാര്യമോ ആധ്യാത്മിക ശാസ്ത്ര ഒരിടത്തും പറയുന്നേ അപ്പൊ ഒരാൾ ചോദിച്ചേരി ഗുരുവിൽ ശ്രദ്ധ ഭക്തി വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടാൽ ഗുരുവില്ലാതെ നഷ്ടപ്പെടുകയാണെങ്കിൽ അത് അവന്റെ പതനം ഗുരുവില്ലാതെ നഷ്ടപ്പെടുകയാണ് ആ പ്രത്യേകം പറയും അത് തന്നെയാണ് പതനമെന്ന് പറയുന്നത് അങ്ങനെ സംഭവിക്കാൻ പാടില്ല അതാണ് ഇവിടെ അത് പ്രത്യേകം പറയുന്നത് അതാണ് സമീപ ഗുരു പരന്മാരായി ഇവിടെ കഴിയുക അതിന്റെ പാകത വരുമ്പോ ഇതിനൊക്കെയുള്ള അവസരം വരും അതിനുള്ള ക്ഷമ വേണം ക്ഷമയില്ലാതെ നടക്കും തിദിക്ഷേ അത് വേണമുണ്ട് പറയുന്നത് തഥാ യഥാ കാമം യോ യാമ ം അനതിക്രമ്യ യഥാകാമം യത് വിഷയ ശ്രീ ജിജ്ഞാസ തത്ത് ക്ഷാൻ പ്രശ്നാൻ പ്രശ്ന പറയുന്നു അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങളാണോ അറിയേണ്ടത് ദ്വൈതമാണോ അദ്വൈതമാണോ യോഗമാണോ ഭക്തിയാണോ ആർക്കെന്തിനാണോ താല്പര്യം കർമ്മമാണോ ഉപാസനയാണോ ഏത് കാര്യങ്ങളായാലും അതിനെക്കുറിച്ച് ചോദിക്കുക ഇവിടെ ബ്രഹ്മപരന്മാരും ബ്രഹ്മനിഷ്ഠന്മാരുമായിട്ടുള്ള ഋഷിമാര് വൈദികന്മാരായിട്ടുള്ളവര് വേദനിഷ്ഠന്മാരായിട്ടുള്ളവര് അവര് ആറ് പേര് ആറ് ചോദ്യങ്ങളുമായി ഒരു ബുദ്ധുവിനെ സമീപിച്ചു എന്നെല്ലാം പറയുന്നു ആ ഉപദേശം ഗുരു ഉപദേശ ഉപദേശത്തെ നമ്മൾ മനസ്സിലാക്കുന്നു നമ്മൾ ചർച്ച ചെയ്യുന്നു നമ്മളും യഥാശക്തി അത് ഗ്രഹിക്കുന്നു ഇവിടെ ഒരു തുടക്കം കാണുന്നുണ്ട് കുറച്ചുപേരും കൂടി ചേർന്ന് അവരുടെ അടുത്ത് പോയി ഉപദേശിച്ച് ആ ഉപദേശത്തിനൊരാരംഭം കാണുന്നുണ്ട് കുറച്ച് ശിഷ്യന്മാരും ഗുരു ഒത്തുകൂടി അപ്പൊ അനാദിയായ വേദത്തിൽ എന്താ ഇങ്ങനെ ഒരു ആരംഭം വന്നത് ഈ ശിഷ്യന്മാർ എന്ത് ചോദിക്കുന്നതിന് മുമ്പ് ഗുരു ഉപദേശിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു വേദം ഉണ്ടായിരുന്നില്ലെന്നല്ലേ വരുന്നു ഇവിടെ മുതലേ തുടങ്ങുന്നത് അതിലൂടെ പറ എന്നുകൊണ്ടെന്താണ് ആഖ്യായികയാ ബ്രഹ്മചര്യത്താദി സാധന വിധാനം ദുരാകല്പ സ്വരൂപേണു പ്രയോജനാന്തരം പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് എടുക്കണമെന്നില്ല ഇതിൽ നിന്നൊരു ചരിത്രമായി പഠിക്കാൻ ശ്രമിക്കണ്ട ഇങ്ങനെ നോക്കണ്ട ഇതർത്ഥവാദം അങ്ങനെ എടുക്കുക ഈ സംഭവങ്ങളെല്ലാം അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണപാഠങ്ങൾ മാത്രം എടുത്താൽ മതി ചരിത്രപരമായി ചിന്തിക്കണ്ട അനാദിയായ വേദം അത് സന്ദർഭങ്ങളെല്ലാം സൃഷ്ടിച്ച് തത്വത്തെ ഉപദേശിക്കുന്നു അങ്ങനെ ഉപദേശിച്ചാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഗുരു ഇങ്ങനെയാണ് ഗുരുവിന്റെ സമീപത്തിൽ ഇങ്ങനെയാണ് പോകേണ്ടത് ഗുരു ഇങ്ങനെയാണ് ഉപദേശിക്കുന്നത് ഉപദേശത്തെത്താൻ ഇങ്ങനെയാണ് ഗ്രഹിക്കേണ്ടത് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അർത്ഥവാദം എന്നതിനെ എടുത്താൽ അതിന് പറയും അതിനെക്കുറിച്ച് ഗവേഷണം നടത്താൻ ഒന്നും പോകണ്ട തത്വ ഗ്രഹണമാണ് ഒരാളുടെ താല്പര്യമെങ്കിൽ വേണ്ട ഇതിനെക്കുറിച്ചൊക്കെ ഗവേഷണം നടത്തുന്നവരുണ്ട് ഇത് ഏത് നൂറ്റാണ്ടിലാണ് സംഭവിച്ചത് യുവതീ ശേഷി പിപ്പലാദ് അച്ഛൻ ആരായിരുന്നു അപ്പനാരായിരുന്നു അതൊക്കെ നടത്താൻ അത്തരം താല്പര്യങ്ങളുള്ളവർക്ക് പക്ഷികാരൻ പറയുന്നത് നിങ്ങളുടെ താല്പര്യം തത്വനിഷ്ഠയിലാണെങ്കിൽ അതിനുവേണ്ടി സമയങ്ങളായിരുന്നു ആ തത്വം നിഷ്ഠയെടുക്ക ഈ വിദ്യയെ അനാദിയായി ഗ്രഹിക്കുക അനാദി എന്ന് പറഞ്ഞാൽ അത് ആരും ആർക്കുപദേശില്ലെന്നുള്ള അർത്ഥത്തിലല്ല ആരും ആരോടും ചോദിച്ചിട്ടില്ല എന്നോ ഉപദേശിച്ചിട്ടില്ല അർത്ഥത്തിലല്ല എന്നും ആർക്കുപദേശിച്ചു എന്നും നോക്ക് കൃത്യമായി കാലദേശങ്ങളൊന്നും അറിയാൻ പറ്റും അതുകൊണ്ടാണ് പറയുന്നു അത് അനാദിയായി അനാദികാലമായി ഉപദേശം ഇങ്ങനെ നിലനിൽക്കുന്നു ഇനിയിപ്പോ അത് കണ്ടുപിടിക്കാൻ വഴിയൊന്നും ഇല്ലല്ലോ ഇനി നാളെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടായോ കണ്ടുപിടിക്കാം ഈ ആറുപേരെ കുറിച്ചും ഭാഷകാരനും വിശദീകരിച്ചു ബ്രഹ്മപരാഹ അപരം ബ്രഹ്മപരത്വേന ഗത്താഹ അവർക്ക് പറ്റിയ ദശങ്ങളെ കുറിച്ച് പറയുന്നു അവർ അപരം ബ്രഹ്മമാണ് വലുതെന്ന് കരുതായിരണ്ഗർഭ ഉപാസന പ്രജാപത്യ ഉപാസന ഇതൊക്കെയുശ്രേഷം എന്ന് കരുതിയിട്ട് തത് അനുഷ്ഠാന നിഷ്ഠ അതാണ് ബ്രഹ്മനിഷ്ഠന്മാരെന്ന് പറയുന്നത് നല്ല കർശനമായി പാലിക്കുന്നവർ തപസ്സിൽ ജീവിക്കുന്നവര് പരം ബ്രഹ്മ അന്വേഷമാണ് ആഹാ അതുകൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കുന്ന നിഷ്ഠകൾ ഇതിന് ആവശ്യമാണ് ആ നിഷ്ഠ തന്നെയാണ് തപസ് ആ തപസ് കൊണ്ടേ ഈ വിദ്യയിൽ ഇഷ്ടം ഉണ്ടാകത്തുള്ളൂ അതുള്ളവർക്ക് അതിന് താല്പര്യം ഉണ്ടാകും പിന്നെ അവർക്ക് വിദ്യയിൽ നിഷ്ഠ വരും അതുവരെ നിഷ്ഠയുണ്ടായിരുന്ന കർമ്മത്തിൽ ഉപാസനകളുമാണ് അവൻ്റെ ഉള്ളിൽ ആ ഇഷ്ടം വന്നു കഴിഞ്ഞാൽ ശ്രദ്ധ വന്നുകഴിഞ്ഞാൽ അവന് വിദ്യയിൽ നിഷ്ഠ വരും അപ്പൊ അവരെന്താ അന്വേഷിച്ചത് പരമ്പര അന്വേഷണമാണ് ആഹക്കിം എന്നിത്യം വിജ്ഞേയം ഇതിന് എന്താണ് അറിയേണ്ടത് നിത്യമായത് ഏതാണ് തത്പ്രാപ്തിയർത്ഥം യഥാകാമം യഥിഷ്യാമ ഇത്യവും തത് അന്വേഷണം ഗുരുവദ പറയുന്നു ഇതിനെല്ലാം ഉണ്ട് ഒരു കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം യഥാകാമം യഥിഷ്യാമ ഇതിന്റെ അന്വേഷണത്തിൽ ഇറങ്ങി പുറപ്പെടുന്ന എല്ലാവർക്കും അവരവരുടേതായ പരിമിതികളുമുണ്ട് എല്ലാവർക്കും ആ തത്വം പൂർണമാണ് പക്ഷേ തൻ എന്താണ് ആ തത്വത്തിൽ നിന്നിപ്പോൾ ഭ്രഷ്ടനായിരിക്കുന്നു എന്നാണ് തൻ്റെ അനുഭവം പരമാർത്ഥമല്ലെങ്കിലും അങ്ങനെ അനുഭവം ഈ ശരീര ഇന്ദ്രിയ മന താതാത്മ്യത്തിൽ ആ ഭ്രഷ്ടോധത്തെ ഗ്രഹിക്കാതിരിക്കുക അങ്ങനെ വിസ്മരിച്ചിരിക്കുക എന്നും പറയും അല്ലെങ്കിൽ ആ തത്വത്തിൽ വിപരീയ ബുദ്ധിയോട് കൂടിയിരിക്കുകയോ അല്ലെങ്കിൽ ആ തത്വത്തിൽ ആശങ്കകളോട് കൂടിയിരിക്കുക ഇതൊക്കെയാണ് ഭ്രഷ്ട് ആ ഭ്രഷ്ട് സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ജീവന്മാർക്കും അതുകൊണ്ട് വന്ന പരിമിതികളുണ്ട് അപ്പൊ അവിടെ നമുക്ക് ഇത്രയേ പറയാൻ പറ്റും എന്താണ് യഥാകാമം യുധിഷ്യാമ തന്റെ പരിമിതികൾക്കനുസരിച്ച് പ്രവർത്തിക്കാം അത്രയും പക്ഷെ അത് ഏത് മാർഗത്തിൽ പ്രവർത്തിച്ചാലും ശരി അവിടെ പൂർണമായ ശ്രദ്ധയോടുകൂടി തന്റെ ഇഷ്ടത്തെ നിലനിർത്തി അവിടെ പ്രവർത്തിക്കണം എന്നുള്ളതേ ഉള്ളൂ എല്ലാവരും ഇതിൽ തന്നെ പ്രവർത്തിക്കണമെന്നും നമ്മുടെ പറഞ്ഞു തത്പ്രാപ്തി അർത്ഥം യഥാകാമേ ദക്ഷ്യാമിത്യവും തത് അന്വേഷണം കുറുവത ചിലർക്ക് അങ്ങനെയല്ല ഞാൻ പൂർണമായും അർപ്പിതമായ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കും എന്നുള്ള നിശ്ചയത്തോടുകൂടി പ്രവർത്തിക്കുന്നു ചിലർക്കതിന് കഴിയുന്നില്ല ആരും ഇവിടെ ഏത് നിലയിൽ ഏത് അവസ്ഥയിൽ നിലനിൽ വന്നോ അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കും അങ്ങനെ യഥാകാമം ഏത് ക്ഷ്യാമ പക്ഷെ അങ്ങനെയുള്ള തന്റെ പരിമിതികളെ അംഗീകരിച്ചുകൊണ്ട് തനിക്ക് എത്രമാത്രം എത്തിച്ചേരാമോ തന്നിലുള്ള സാധ്യതകളെയെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരാൾ പ്രവർത്തിക്കുക ഇത് തദ്ന്വേഷണം ഗുരുവദ തത് അധികമായ യേശ്വസർവം അതാണ് ശ്രദ്ധ എന്ന് പറയുന്നത് വിപ്ലാദനെ കുറിച്ച് അവർക്കൊരു ശ്രദ്ധയുണ്ടായി എന്താണ് ഈ വിദ്യയെ സംബന്ധിച്ചുള്ള പൂർണമായ അറിവ് ഇദ്ദേഹം നമുക്ക് ഉപദേശിക്കും ഗുരുവിന്റെ പൂർണതയിലുള്ള വിശ്വാസം അവർക്കുണ്ട് ആചാര്യം ഉപജു അങ്ങനെ ഗുരുവിനെ സമീപിച്ചു 100. 100. 100. 100. 100.